അവർ പറഞ്ഞു താങ്കൾക്കൊപ്പം ഞങ്ങൾ നേർവഴിയെ പിന്തുടരുകയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ പിഴുതെറിയപ്പെടും എല്ലാ വസ്തുക്കളുടെയും ഫലങ്ങൾ നമ്മുടെ പക്കൽ നിന്നുള്ള ഉപജീവനമായി എത്തിക്കപ്പെടുന്ന സുരക്ഷിതമായൊരു ഹറം നാം അവർക്ക് നൽകിയില്ലേ എന്നാൽ അവരിൽ ഭൂരിഭാഗവും അതറിയുന്നില്ല